ൂപന്തേ ശാത്തപാവനമചിന്യവൈഭവം തന്നരം വപുഷി കുഞ്ചരം മുഖേ മന്മഹേ കുന്തിലം മഹുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വരഹം गुरु श्री ഗുരുസക്ഷാ പരം ബ്രഹ്മ തസ്മൈ व्याप्त നമ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനീ വ്യോമവത്വ്യാതദേഹി മൂർത്ത भगवतां പ്രതിബോധിത സ്വയം मध्ये महाभारतं। ഗ്രഥിതാ പുരാണമുനി മധ്യേ മഹാഭാരത അദ്വൈതമൃതവർഷിണവധ്യംബനുസാ ഭഗവത്ഗീതീ നമോസ്തു തേവ്യാസവിശാലുദ്ധേ भारत प्रज्वालितो ഫുല്ലേത്രന യാതൈലൂർണ പ്രജ്വാലി ജാനമയ പ്രദീപ പ്രപ്പന്നിജാ തോത്രവേത്രൈകാണേ ജാനമുദ്രാ കൃഷ്ണ ഗീതമൃതദുഹേനോപനിഷദോ ഗാമു ദുധാദന പാർോ വത്സുധീർഭോക്തം ഗീതമൃതം മഹത് വസുദേവസുത കംസ ചാണൂരമർദന ദകീ പരമാനന്ദം കൃഷ്ണ വന്ദേ ജഗദ്ഗുരു മൂക്കം കരോതി വാചാ പങ്കും ലംഘയത്തെ ഗിരി യത്കൃതമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാവരുണേന്ദ്രദ്രമരുത സ്തുൻവ്യൈസ്തവേസ്മോപനിഷദൈ ഗായ ധ്യവസ്ഗത മനസാ പശ്യം യോഗിനോ यस्यांतम വിദുസുരാഗണേ തസ്മൈ നമ പാർസാരഥി ശ്രാവി ശുഭിരും പാർയാർത്തിഹരോ ദൂർത്തി നൂതം भावं अव्ययमिक्षते विद्धिसात्विकं അവിഭക്തം ജനം കർമ്മ കർത്തം ജേയം परिज्ञाता കരണം കർമ്മ കർത്ത ഈ വിഷയങ്ങളെ ഭഗവാൻ വിസ്തരിച്ച് പറയാൻ തുടങ്ങുക അറിവെന്താണ് കർമ്മം ഏത് കർത്താവ് അതായത് നമ്മൾ എങ്ങനെയാണ് അറിവെന്ന് പറഞ്ഞാൽ എന്തൊക്കെ വകുപ്പില് പെടും അറിയുന്നവൻ ഏതൊക്കെ വകുപ്പില് പെടും കർമ്മം എന്തൊക്കെ വകുപ്പില് പെടും കർമ്മം ചെയ്യുന്നവൻ എന്തൊക്കെ വകുപ്പില് പെടും ഇതില് ജ്ഞാനമാണ് ആദ്യമായിട്ട് എടുക്കുന്നത് ഇതിൽ എല്ലാം പൂർണ്ണം ജ്ഞാനം എന്ന് പറഞ്ഞാൽ ാത്വികമായ ജ്ഞാനം ആദ്യം ഭഗവാൻ സത്വഗുണസമ്പന്നമായ അറിവിനെ പറയും സത്വഗുണം ശുദ്ധമായാൽ അറിവ് ഏത് വിധത്തിലായിരിക്കും സർവഭൂതേഷു എല്ലാ പ്രാണികളിലും एला वैविध्य पे परणामा वैवध्यम ऐकम भाव ईष भाव वस्तुस्थि आत्मा स्वरूप का अव आत्म वैविध्यम पुरने का ഈ വൈവിധ്യമൊക്കെ കാണുമ്പോഴും ഈ വൈവിധ്യമൊന്നും അയാളെ ബാധിക്കുന്നില്ല ഈ വൈവിധ്യത്തിനൊക്കെ പുറകില് അവ്യയംഭാവം ഈക്ഷതെ വ്യയമില്ലാത്ത ഭാവത്തിനെ കാണുകയാണ് വ്യയംന്ന് തീർന്നു പോകുക നിർത്ഥം കഴിഞ്ഞു പോകുക എന്നർത്ഥം അനിത്യം അവ്യയം ഭാവം ഈക്ഷതെ ഏന് ഏത് അറിവുകൊണ്ട് അറിവ് ആത്മാവിന്റെ സ്വരൂപമാണ് ആത്മാ എന്ന് പറഞ്ഞാൽ അറിവ് എന്നർത്ഥം സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ യോ വേദ നിഹിതം ഗുഹായം പരമേവ്യോമന് സത്യം ജ്ഞാനം അനന്തം ഇതാണ് ബ്രഹ്മം സത്യം എന്ന് വെച്ചാൽ മാറാതിരിക്കണത് പരിണമിക്കാതിരിക്കുന്നത് പ്രപഞ്ചം നോക്കിയാൽ മുഴുവൻ പരിണമിച്ചുകൊണ്ടിരിക്കുക എല്ലാം ചേഞ്ചിങ് കോൺസ്റ്റന്റ് ഫ്ലക്സ് പരിണാമമാണ് നമ്മളുടെ ശരീരത്തിലെല്ലാം പരിണമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം ശരീരം തന്നെ ജായത്തെ അസ്ഥി വർദ്ധത്തെ വിപരിണമത്തെ അപക്ഷീയത്തെ വിനശ്യതി ആ ഒരു വികാരങ്ങളാണെന്നാണ് ഷഡ്ഭാവ വികാരം ജനിക്കുന്നു ഗർഭത്തിലുണ്ടാവുന്നു പുറത്തു വരുന്നു വളരുന്നു പരിണമിക്കുന്നു ക്ഷയിക്കുന്നു നശിക്കുന്നു ഇങ്ങനെ പരിണമിച്ചുകൊണ്ടേയിരിക്കുന്ന ശരീരത്തില് പരിണമിച്ചുകൊണ്ടേയിരിക്കുന്ന ചിത്തം ജാഗ്രത് സ്വപ്നം സുഷുപ്തി ഒരവസ്ഥയിലും ഓഫാകാതിരിക്കണ ഒരു ലൈറ്റ് ഉണ്ട് ആ ലൈറ്റ് മാത്രം ഓഫ് ചെയ്ത് വെക്കാനേ പറ്റില്ല നിങ്ങളുടെ ബാക്കി ഒക്കെ ഓഫ് ആകും നിങ്ങളുടെ ശരീരം സ്വ സ്വപ്നത്തിലില്ല സ്വപ്നം സുഷുപ്തിയിൽ ഓഫായി പോകും അല്ലേ സ്വപ്നമില്ലാത്ത ഉറക്കത്തിലേക്ക് പോകുമ്പോൾ ദറ്റ് ഡ്രീമിങ് മൈൻഡ് ഈസ് പുട്ട് ഓഫ് സ്വപ്നം ഓഫായി അപ്പോഴും അപരിലുപ്ത ചൈതന്യസ്വഭാവ സുഷുപ്തിയിൽ സുഖമായി ഉറങ്ങുമ്പോഴും ആ ജ്യോതി ഉണർന്നു തന്നെ ഇരിക്കും നമ്മൾ എഴുന്നേറ്റിട്ട് ഒന്നും അറിഞ്ഞില്ലാന്ന് പറയുമ്പോഴും സുഷുപ്തി എന്ന് പറയുന്നത് ഒരു വിധത്തിലുള്ള മറവുമില്ലാത്ത അറിവ് ആയിരുന്നു പ്രജ്ഞാന ഘനം ഘനീഭൂതമായ സോളിഡിഫൈഡ് അവേർനെസ് അതുകൊണ്ടാണ് നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞ് വീണ്ടും അങ്ങോട്ട് പോണം തോന്നണത് അവിടെ അറിവ് രൂപമായിട്ടോ ശബ്ദമായിട്ടോ മണമായിട്ടോ രുചിയായിട്ടോ സ്പർശമായിട്ടോ വിഭജിക്കപ്പെട്ടില്ല അറിവ് ഞാനായിട്ടോ നിങ്ങളായിട്ടോ അവനായിട്ടോ ഒന്നും വിഭജിക്കപ്പെട്ടില്ല അറിവില് ഞാൻ നീ അവൻ എന്നുള്ള വികല്പങ്ങളില്ല പ്രപഞ്ചമില്ല കാമക്രോധാദികളില്ല സ്വപ്നമില്ല ഒന്നുമില്ല ആ നമ്മൾക്ക് അറിയുന്ന വിഷയങ്ങൾ നാമരൂപങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എഴുന്നേറ്റിട്ട് പറയണു ഉറക്കത്തിന്ന് എഴുന്നേറ്റിട്ട് പറയണു ഒന്നും അറിഞ്ഞില്ല എന്ന് പറയണം സുഖമായിട്ടിരുന്നു അപ്പൊ സുഖമായിട്ടിരിക്കുക എന്ന് പറഞ്ഞ ഒരു അറിവല്ലേ ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഒന്നും കണ്ടില്ല ഒന്നും കേട്ടില്ല ഒന്നും മണത്തില്ല ഒന്നും രുചിച്ചില്ല ഒന്നും സ്പർശിച്ചില്ല അറിയുന്ന അഭിമാനം അവിടെ ഉണ്ടായിരുന്നില്ല പക്ഷേ പ്രജ്ഞാനം യാതൊരു ലോപവും കൂടാതെ ആവരണമൊഴിഞ്ഞ് അവിടെയും ഉണ്ടായിരുന്നു അറിവ് സ്വപ്നം കാണുമ്പോഴും അതിന് പുറകിൽ ആ ജ്യോതി ഉണ്ട് അല്ലേ സ്വപ്നത്തിൽ ഏത് വെളിച്ചം കൊണ്ടാണ് സ്വപ്നം കണ്ടത് ചോദിച്ചു നോക്ക ഒത്തിരി ഉള്ളില് പോവാനുള്ള വഴിയാണത് സ്വപ്നം കാണുന്നു ദിവസം ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിടന്ന എങ്ങനെ സ്വപ്നം കണ്ടു ഒരു വെളിച്ചം ഉണ്ടല്ലോ സ്വപ്നത്തില് ലൈറ്റൊക്കെ ഓഫ് ചെയ്തു ഉള്ളില് ലൈറ്റ് ഓണായി യസ് സുപ്തു ജാഗർ കാമം കാമം പുരുഷോ നിർമ്മിമാണ തുക്രം തദ് തദ്ദേമൃതമു തസ്ലോകൃതേ തേതി കശന ഉപനിഷത്ത് പറയുന്നു യുപ്തു ജാഗർത്തി നമ്മൾ ഒറങ്ങിതും അവിടെ ഓൺ ആയിരുന്നു ചിലർ വീട്ടിലെല്ലാ വാതിലും അടച്ച് പുറത്തുള്ള ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഉള്ളില് ടി വി ഓൺ ചെയ്യും അല്ലേ അതേപോലെ ഉറങ്ങുമ്പോ ഇവിടുത്തെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഉള്ളില് ഒരു ടി വി ഓൺ ആവും സ്വപ്നം ഈ സ്വപ്നം കാണുന്ന ആൾ ആരാ അന്തറിയാമി ലേ പുനർജന്മത്തിനും മറ്റുമൊക്കെ യുക്തി മതി ഈ ഉള്ളിലിരുന്ന സ്വപ്നം കാണുന്ന ഒരു ബീങ് ൈറ്റ് ഇന്നർ പെർസണാലിറ്റി വിച്ച് ഈസ് ഫ്രീ ഓഫ് ദിസ് ഫിസിക്കൽ വേൾഡ് പുറമേ ഉള്ള ലോകമില്ലാതെ തന്നെ അത് അതിൻ്റെതായ ലോകത്തിൽ സ്വപ്നം കാണാൻ ശക്തിയുണ്ടെങ്കിൽ അതിന് ഈ ശരീരം പോയിട്ടും ഒക്കെ ചെയ്യും അപ്പോഴും അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു അത് ജാഗ്രതയില് വരുമ്പോഴും നമ്മളുടെ അറിവിനൊക്കെ പുറകില് ണ്ട് എന്നുള്ള അനുഭവ രൂപത്തിലെ ഒരു മാറ്റം കൂടാതെ എന്തൊക്കെ വികാരങ്ങൾ മാറി മാറി വരുമ്പോഴും അതിന് പുറകിൽ ഉണ്ടായിക്കൊണ്ടേ ബാല്യത്തിലുള്ള ഞാൻ തന്നെയാണ് ഇപ്പോഴും കൗമാരത്തിലുള്ള ഞാൻ തന്നെയാണ് ഇപ്പോഴും ഈ ഞാൻ തന്നെയാണ് വാർദ്ധക്യത്തിൽ ഉണ്ടാവുക പക്ഷെ ഒക്കെ ശരീരം മാറണു മനസ്സ് മാറണു പക്ഷെ ഞാൻ എന്നൊരു അനുഭവം ഒരു കോൺഷ്യസ്നസ് ഒരു സംവിത്ത് അതിന് പുറകില് മാറാതെ അനുസ്യൂതം തുടർന്നുകൊണ്ട് ഇരിക്കുന്നുണ്ടല്ലോ ആ അറിവിനെ ആദ്യം നമ്മൾ നമ്മളുടെ ഉള്ളിൽ കാണണം അല്ലാതെ വേറെ ഒരാളിൽ കാണാൻ പറ്റില്ല ആദ്യം നമ്മളിൽ അത് കണ്ടാലേ ബാക്കിയുള്ളവരിൽ അത് കാണാൻ പറ്റുള്ളൂ അല്ലാതെ എങ്ങനെ കാണും നമ്മളില് നമ്മളുടെ ഉള്ളില് ആ അനുഭവത്തിനെ അഹം ഞാൻ എന്ന അനുഭവത്തിനെ ആരാഞ്ഞ് അതിനെയും വെച്ചുകൊണ്ടിരുന്ന് ആ അറിവിന്റെ സ്ഫുടത അപരോക്ഷത അപരോക്ഷഭാവം അപരോക്ഷാനുഭവം എന്നുവെച്ചാൽ ഇമ്മീഡിയറ്റ് ഡയറക്റ്റ് എക്സ്പീരിയൻസ് അതാണ് ഉള്ളത് ഇപ്പൊ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത നമുക്ക് അറിയണം ഒരേ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഞാനുണ്ട് അറിയും അടുത്തുള്ള ആൾ എഴുന്നേറ്റ് പോയാൽ ചിലപ്പോൾ അറിയില്ല പക്ഷെ അവനവൻ ഉണ്ടോ ഇല്ലയോ സംശയം വരുന്നുണ്ടോ ആർക്ക് സംശയമില്ല അല്ലേ എങ്ങനെ അറിഞ്ഞു അറിവ് അതിന്റെ സ്വരൂപമാണ് അറിഞ്ഞത് കണ്ടത് കൊണ്ടല്ല കേട്ടതുകൊണ്ടല്ല ചിന്തിച്ചത് കൊണ്ടല്ല തൊട്ടുനോക്കിട്ടല്ല എങ്ങനെ അറിഞ്ഞു അറിയും അറിവ് അതാണ് അത് അറിവാണ് അറിയുക എന്നുള്ളത് അഗ്നിക്ക് പോലെ അന്തര്യാമിക്ക് ആത്മാവിന് സ്വഭാവമാണ് അതിന്റെ സ്വരൂപമാണ് നേച്ചറാണ് ആ സ്വരൂപത്തിനെ കണ്ടറിഞ്ഞു കഴിയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ എന്തൊക്കെ മാറ്റം വരുമ്പോഴും അതുകൊണ്ട് ബാധിക്കപ്പെടാതിരിക്കുന്ന ആത്മാവിനെ ഉള്ളിൽ കണ്ടു കഴിയുമ്പോൾ എല്ലാ പ്രാണികളിലും എല്ലാത്തിനുള്ളിലും ഒക്കെ പരിണമിക്കുമ്പോഴും അപരിണാമിയായിരിക്കുന്നത് അതാണ് അതിനെ കാണുമ്പോൾ അത് എത്ര കണ്ട് തെളിഞ്ഞു കാണുന്നു അത്ര കണ്ട് ആ സിദ്ധി എങ്ങനെയാവും വെച്ചാൽ ആ മറ്റുള്ളവരുടെ ഉപാധിയെ നമ്മൾ കാണാതാവും കാണും പക്ഷെ കാണില്ല ഇതിനൊരു ദൃഷ്ടാന്തം പറയണത് സ്വർണം കൊണ്ട് വള മാല മോതിരം ഒക്കെ നമ്മൾ പറയണു ഇത് നന്നായിട്ടുണ്ട് ഈ മാല എനിക്ക് മതി ഇത് പഴയ കാലത്ത് ഇടുന്നതാണ് ഇപ്പോഴൊന്നും നമ്മൾ ഇടില്ല അല്ലെ നമ്മളുടെ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊക്കെ ഈ മൂക്കിന്ന് ചെവിയിലേക്ക് കണക്ഷൻ കൊടുക്കണതൊന്ന് വാങ്ങിച്ചു കൊടുത്താ ഇടുവോ മൂക്കിന്ന് ഇവിടെ ഒരു ഒരു മുത്ത് ഇങ്ങനെ തൂക്കി കൊടുക്കണത് ഇട്ടാ വാങ്ങിച്ചു കൊടുത്താ ഇടുവോ അയ്യേ ഞങ്ങളൊന്നും ഇടില്ല ഇതൊക്കെ ആരെയടും എന്ന് പറയുകാലത്തുള്ളു വലിയ തോട് ചെവിയില് ഇടില്ല എന്താന്ന് വെച്ചാൽ നമ്മൾ ഫാഷൻ നോക്കണു പാറ്റേൺ നോക്കണു രൂപം നോക്കണു എല്ലാം നോക്കണം തക്കാമെന്ന കള്ളൻ അത് വലതു നോക്കുവോ മോഷ്ടിക്കാൻ ഒരു കള്ളം വന്നാൽ അയ്യേ ഇതൊക്കെ ഓൾഡ് ഫാഷനാണ് അയാൾക്ക് ഫാഷനും പാറ്റേണും ഒന്നും കണ്ണിലേ കാണില്ല അല്ലേ അയാള് കനകൈക മഹാദൃഷ്ടിഹിന്നു സ്വർണത്തിന് മാത്രമേ കാണുള്ളൂ എന്നാണ് എന്നാ അയാൾ രൂപം കാണുന്നില്ലേ രൂപം കാണുന്നുണ്ട് കാണുമ്പോഴും അയാൾക്ക് രൂപം പ്രാമുഖ്യമല്ലാത്തതുകൊണ്ട് എസെൻസ് മാത്രമേ കാണുള്ളൂ സത്ത മാത്രമേ കാണുള്ളൂ അതുപോലെ ജ്ഞാനം സത്വഗുണം കൊണ്ട് അറിവ് വാസനകളൊക്കെ കളഞ്ഞ് തെളിഞ്ഞുവന്ന് ഡിസ്റ്റിൽഡായി കഴിയുമ്പോൾ ആ അറിവ് കൊണ്ട് ഉപാധിയുടെ ദോഷങ്ങളോ ഉപാധിയുടെ ഗുണങ്ങളോ നല്ലതോ ചീത്തയോ ഇത് ഇന്നതാണോ ഒന്നും കാണില്ല എല്ലാം കാണുമ്പോഴും കാണുന്നില്ല ഉപനിഷത് മന്ത്രം തന്നെ ഋഷി പറയുന്നു ഉള്ളിലെ മഹാദേവനെ ഏകാന്തമായി ധ്യാനത്തിൽ അനുഭവിച്ച ഋഷി പറയുന്നു ഹേ ശിവനെ ഹേ പരമേശ്വര നീയാണ് എല്ലാമായിട്ടിരിക്കുന്നത് ത്വം സ്ത്രീ ത്വം പുമാനസിമാര ഉമാരീ ം ജീർണോ ദിനേന വഞ്ച്ഛ ത്വ ജാഭവസി വിശ്വതോ മുഖ വിശ്വതചക്ഷുരുത വിശ്വതോ മുഖോ വിശ്വസ്താത് ശ്വേതാശ്വതരുപനിഷത്ത് ത്വം സ്ത്രീ ത്വം പുമാനസി അപ്പൊ നോക്കൂ സ്ത്രീ പുമാൻ ഒക്കെ വ്യത്യാസം അറിയണ്ട് സ്ത്രീയാണെന്നും പുരുഷനാണെന്നും കുമാരനാണെന്നും കുമാരിയാണെന്നും വൃദ്ധനാണെന്നും ഒക്കെ സ്ത്രീയായിട്ടിരിക്കുന്നതും ഈശ്വരനാണ് പുരുഷനായിട്ടിരിക്കുന്നതും ഈശ്വരനാണ് കുമാരനായിട്ടിരിക്കണതും ഈശ്വരനാണ് കുമാരിയായിട്ടിരിക്കണതും ഈശ്വരനാണ് അല്ലേ ശ്രീരുദ്രത്തില് ശിവനെ എല്ലാ രൂപത്തിലും ആരാധിക്കുന്നുണ്ട് എല്ലാം എല്ലാം എല്ലാമായിട്ട് കാണുന്നുണ്ട് പക്ഷെ അത് ശിവനാണെന്നാണ് കാണുന്നത് ആ രൂപമായിട്ടല്ല അത് ശിവനായിട്ടാണ് കാണുന്നത് അല്ലേ അപ്പോ വിഭക്തം ഡിഫറൻസസ് ഒക്കെ കാണുന്നുണ്ട് ഡിഫറൻസ് കണ്ടിട്ടില്ലെങ്കിൽ അയാൾ മൂഢനാണ് എല്ലാം ഒന്നായിട്ട് കണ്ടാൽ കണ്ണിന് കുഴപ്പമുണ്ടെന്നർത്ഥം അയാൾക്ക് കാഴ്ചശക്തി ഇല്ല എന്നർത്ഥം അല്ലേ അപ്പൊ എല്ലാ വ്യത്യാസവും അറിയുന്നു പക്ഷേ അതാണ് കുതശ്ശിത് കൗശലാദേവ പരമാത്മാവിലോക്യത്തെ ജനകൻ പറഞ്ഞു ഈ ഞാൻ മുമ്പ് കണ്ടുകൊണ്ടിരുന്ന വേൾഡ് തന്നെയാണ് മുമ്പിൽ കണ്ടുകൊണ്ടിരുന്ന ലോകം തന്നെയാണ് ആളുകൾ തന്നെയാണ് പക്ഷെ ഇപ്പൊ പുതിയതായിട്ടൊരു രീതിയിൽ ഞാൻ വേറെ എന്തോ കാണുന്നു പൂർണത്വം കാണുന്നു അതിന് ആത്മാവിനെ കാണുന്നു ആത്മദർശനുണ്ട് ഏകരസം അപ്പോ അവിഭക്തം വിഭക്തേഷു ഈ ഡിഫറൻസസ് ഒക്കെ കാണുമ്പോഴും അതില് ഡിഫറൻസ് ഇല്ലാതെ ചേഞ്ച് ലെസ് ആയിട്ടിരിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ അതിന്റെ പുറകില് കാണുന്നു അപ്പോ ആ ജ്ഞാനം സാത്വികമാണെന്ന് പറഞ്ഞു സത്വഗുണോഭൂതമാണ് എന്താന്ന് വെച്ചാൽ സത്വഗുണം എന്ത് ചെയ്യണു ആത്മാനുഭവത്തിനെ തടസ്സപ്പെടുത്തണമില്ല സത്വഗുണം വന്നുകഴിഞ്ഞാൽ ആഹാരശുദ്ധ സത്വശുദ്ധിഹി നാരദൻ സനത്കുമാരന് സനത്കുമാര മഹർഷി നാരദ മഹർഷിക്ക് ബ്രഹ്മവിദ്യ ഉപദേശിച്ചു അപ്പോ സനത്കുമാരൻ പറഞ്ഞു ഈ കേൾക്കണത് നാരദൻ പറഞ്ഞു ഈ കേൾക്കുന്നത് ദൃഢമായിട്ട് എപ്പം നിക്കും കേൾക്കുമ്പലരൊക്കെ കേൾക്കില്ലേ കേട്ടിട്ട് മറന്നുപോണു കേട്ടാൽ മറന്നുപോകും എന്താണെന്ന് വെച്ചാൽ റീട്ടൈൻ ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ എഴുതിയെടുത്തു എഴുതിയെടുത്താൽ ഒട്ടും പ്രയോജനപ്പെടില്ല ശ്രവണം നേരെ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് പോണം അല്ലേ അതിന്നിട്ട് അവിടെ ർ ചെയ്ത് മനനം ചെയ്ത് നിധിധ്യാസനം ചെയ്ത് സ്വരൂപത്തിൽ വയ്ക്കണം എന്തുകൊണ്ട് പറ്റണില്ല സത്വഗുണമില്ല സത്വഗുണം എങ്ങനെ ഉണ്ടാവും ആഹാരശുദ്ധവും സത്വശുദ്ധി സത്വശുദ്ധൌ്രുവാസ്മൃതി സ്മൃത്തെ ലാഭേ സർവഗ്രന്ഥീനാം വിപ്രമോക്ഷ സനത് പറഞ്ഞു ആഹാരം ശുദ്ധമായ സത്വഗുണം ശുദ്ധമാവും സത്വഗുണം ശുദ്ധമായ ഈ ആത്മാ ആത്മസ്മൃതി സത്സംഗത്തിലോ ഗുരുവചനം കൊണ്ടോ കേൾക്കുന്നത് ഉള്ളിൽ ദൃഢമായി റീറ്റെയിൻ ചെയ്യപ്പെടും നിലനിർത്തപ്പെടും ഇവിടെ ഒരു കാര്യം ആഹാരം എന്ന് പറഞ്ഞാൽ എന്താ ഫസ്റ്റ് നമ്മൾ കഴിക്കുന്ന ആഹാരം ആഹാരം എന്ന് പറഞ്ഞാൽ നമുക്ക് അതാണല്ലോ ഇപ്പോൾ അർത്ഥം അല്ലെ ഭക്ഷിക്കുന്ന ഭക്ഷണം ആ ഭക്ഷണം തന്നെ മൂന്നു വിധത്തിലാവും എന്നാണ് ശാസ്ത്രം പറയണത് ഉപനിഷത്ത് തന്നെ പറയണത് ചാന്ദോക്യ ഉപനിഷൻ അന്നമശിതം ത്രേധാ വിധീയത്തെ തസ് യസ്ഥിഷ്ടോ ധാതു തത് പുരീഷം യോ മധ്യമ തൻമാംസം യോ അനിഷ്ടന്മ ഭക്ഷിക്കുന്ന അന്നം അതിന്റെ സ്ഥൂലമായ അംശം മലമായിട്ട് പുറത്തേക്ക് പോകും അന്നമശിതം ത്രേധാം വിധീയത്തെ യവിഷ്ടോ ധാതു തത് യോ മധ്യമ അതിന്റെ മധ്യമമായ അംശം മാംസമായിട്ട് തീരും സൂക്ഷ്മമായ അംശം മനസ്സായിട്ട് തീരും വെള്ളമും അങ്ങനെയാണ് വെള്ളം സ്ഥൂലാംശം മൂത്രമായിട്ട് പോകും സൂക്ഷ്മാംശം രക്തമായിട്ട് തീരും അതിസൂക്ഷ്മമായിട്ടുള്ള അംശം പ്രാണനായിട്ട് ഇരിക്കും അപ്പോ കുടിക്കുന്ന ജലത്തിന്റെ വിശേഷം ജലത്തിലെ ചത്തുപോയ ജലം കുടിക്കാൻ പാടില്ലയാണ് ചില ജലം ഡെഡ് വാട്ടർ ആണ് നമുക്ക് അറിയുകയില്ല ഇന്നിപ്പോൾ നമുക്ക് ബോട്ടിലൊക്കെ ഇട്ടിട്ടുള്ള വെള്ളമാണ് നമ്മൾ കുടിക്കും ഈശ്വരം അപ്പോ വെള്ളം വാങ്ങിച്ചു കുടിക്കുക എന്നുള്ളത് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് നമുക്ക് ഓർക്കാനേ വയ്യ അല്ലേ അപ്പൊ നമുക്ക് അതിലാണ് വിശ്വാസം എത്ര വർഷം എത്ര ദിവസം കഴിഞ്ഞ് വെള്ളവും വാങ്ങിച്ചു ആ പവിത്ര പവിത്രോ ആ സർവാസ്ഥാംഗതോ വെള്ളം പ്രാണനായിട്ട് തീരും ഭക്ഷണം മനസ്സായിട്ട് തീരും അപ്പൊ ഭക്ഷണത്തിന്റെ സൂക്ഷമാംശം മനസ്സാവും എന്നുള്ളത് പാചകം എന്ന് പറയണത് കൃഷി എന്ന് പറയണത് ഭക്ഷണ പാചകത്തിനുള്ള തയ്യാറെടുപ്പ് എന്ന് പറയണത് ആണ് വാസ്തവത്തിൽ പൂജ അതാണ് വാസ്തവത്തില് പൂജ എന്ന് പറയണത് കിച്ചൺ ആണ് പൂജാ റൂം അടുപ്പ് ഇതൊക്കെ നമ്മളിപ്പോ ആലോചിച്ച ചെയ്യാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ അന്നം പാചകം ചെയ്യണത് അഗ്നി എങ്ങനെ വേണം എന്ന് ശാസ്ത്രം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞാൽ നമുക്കിപ്പോൾ ഗ്യാസ് ഉപയോഗിക്കാനേ പറ്റില്ല ഏത് അഗ്നിയിൽ കാരണം ഈ അഗ്നിയാണ് അന്നത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് അഗ്നി ആ പാത്രത്തിൽ പ്രവേശിച്ച് അപ്പൊ അഗ്നി പ്രവേശിച്ച് ചൂടായി അഗ്നിയാണല്ലോ ആ ധാന്യത്തിലേക്ക് കയറണത് ആ അഗ്നി പുളി കൊണ്ടുള്ള ടുപ്പിൽ വെച്ചിട്ടാണ് ചെയ്യണതെങ്കിൽ ആ പുളിവിറകാണ് അഗ്നിയായിട്ട് മാറി അഗ്നി ധാന്യത്തിൽ പ്രവേശിക്കണത് പെട്രോളിയം ഗ്യാസ് ആണെങ്കിൽ ആ പെട്രോളിയമാണ് അഗ്നിയായിട്ട് മാറി ധാന്യത്തിൽ പ്രവേശിക്കുന്നത് ചുരുക്കത്തിൽ നമ്മൾക്ക് നമ്മളുടെ വീട്ടിലുള്ള കാറിനും പൊരു വ്യത്യാസവും ഇല്ല രണ്ടുപേരും പെട്രോൾ കൊണ്ട് ഓടുന്നവരാണ് ഡീസലും പെട്രോളും ഗ്യാസും ഒക്കെ കൊണ്ടാണ് നമ്മൾ ഓടുന്നത് വലിയ വ്യത്യാസമൊന്നുമില്ല കാരണം ധാന്യത്തിൽ പ്രവേശിക്കുന്നത് അതാണ് പറഞ്ഞിട്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അല്ലെ സിലിണ്ടറ വെച്ചോണ്ടാണല്ലോ നമ്മളെ നോക്കൂ നമ്മൾ വിചാരി പറയണു സമൂഹത്തിനെ മാറ്റാൻ പറ്റുന്നില്ല എന്ന് പറയണു പക്ഷെ കളക്റ്റീവായിട്ട് ചില ചില തീരുമാനങ്ങൾ കൊണ്ടും അറിഞ്ഞിട്ട് ഒരു മുപ്പത് വർഷത്തിനുള്ളിൽ എങ്ങനെ മാറ്റിയെടുത്തു നമ്മളെ നോക്കൂ മുപ്പത് വർഷത്തിന് മുമ്പ് വിറക് വാങ്ങിക്കൊണ്ടിരുന്നവരല്ലേ നിങ്ങൾ ഓരോരുത്തരും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എന്റെ എനിക്കും ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഒരുപാട് വയസ്സ് വ്യത്യാസം ഉണ്ടാവും ഞാൻ എനിക്കും ഓർമ്മയിൽ വിറക് കീറിയിട്ടുണ്ട് വിറകില്ലെങ്കിൽ ബുദ്ധിമുട്ടിട്ടുണ്ട് അല്ലേ അപ്പോ ഈ മുപ്പത് വർഷത്തിനുള്ളിൽ ചില ആശയങ്ങൾ ഒരു രാജ്യത്തിനെ മാറ്റിമറിക്കാമെങ്കിൽ വേണമെന്ന് വെച്ചാൽ ഈ ആശയം അങ്ങോട്ട് ഫലവത്താക്കാൻ കഴിയും എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ എന്തും മാറ്റിമറിക്കാൻ പറ്റും എന്തുകൊണ്ടാന്ന് വെച്ചാൽ വിറക് ഉപയോഗിച്ചാൽ വൃക്ഷം വേണം വൃക്ഷം മനുഷ്യൻ എന്തുപയോഗിക്കുന്നു അതൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടാവും മനുഷ്യൻ എന്തുപയോഗിക്കുന്നത് നിർത്തുന്നുവോ അതിനെയൊക്കെ അവൻ അധികം വയ്യാതെ ഇല്ലാതാക്കി തീർത്തണേ ചിലര് കാരുണ്യം കൊണ്ട് പശുവിന്റെ പാല് ഉപയോഗിക്കാതെ അവണ്ട് അവരോട് ഞാൻ പറഞ്ഞത് അതാണ് നിങ്ങൾ പശുവിന്റെ പാല് ഉപയോഗിക്കുന്നത് നിർത്തിയാൽ നിങ്ങളുടെ സിദ്ധാന്തമൊക്കെ ശരി പാല് കുട്ടിക്കുള്ളതാണ് പശു നമുക്കല്ല എന്നാണ് അവരുടെ സിദ്ധാന്തം കറക്റ്റ് എന്നാലും ചിലപ്പോൾ നമ്മൾ പാലൊക്കെ എടുത്ത് ശിവനും അഭിഷേകം എന്തോ ഒരു കാര്യത്തിൽ ഉപയോഗിക്കണം അങ്ങനെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഈ മനുഷ്യൻ എന്ന് പറയുന്ന ശപിക്കപ്പെട്ട വംശത്തിന്റെ സ്വഭാവം തന്നെ അവന് ഉപയോഗപ്പെടാത്ത വസ്തുക്കളെയൊക്കെ ഭൂമിയിൽ നിന്ന് നിഷ്കാസനം ചെയ്തു അതുകൊണ്ട് ഇതൊക്കെ ഉപയോഗിക്കണം എന്നാണ് ഇങ്ങനെയെന്ന് വെച്ചാൽ നോക്കാം അപ്പോ അന്നം അന്നമാണ് സത്വഗുണമായിട്ട് തീരുന്നത് സ്ഥൂലമായി കഴിക്കുന്ന അന്നം അപ്പൊ അന്നം പാചകം ചെയ്യുന്നത് അതിനു പുറകിലുള്ള ഭക്തി അതിനു പുറകിലുള്ള പ്രേമം അതിന് ഈശ്വരാർപ്പണം അതിനു പുറകിലുള്ള ത്യാഗം അതിനു പുറകിലുള്ള സംശുദ്ധി ഇതൊക്കെ എത്ര കണ്ട് സാധിക്കുമോ അത്ര കണ്ട് ഒരു സാധകന് നല്ലതാണ് ഇത് സമൂഹത്തിനോട് ഞാൻ പറയണില്ല കാരണം സമൂഹത്തിനത് സാധ്യമല്ല സാമൂഹികമായിട്ട് നിങ്ങൾ ചോദിച്ചാൽ സാധ്യമല്ല പക്ഷെ നിങ്ങൾ ഓരോരുത്തർക്കും സാധ്യമാണ് നിങ്ങൾ ഓരോരുത്തർക്കും സാധ്യമായ നിങ്ങൾ ഓരോരുത്തരും കൂടി ചേർന്നതാണല്ലോ ഈ സമൂഹം എന്ന് പറയണില്ലാത്ത സാധനം സാമൂഹികമായി നിങ്ങൾ ചോദിച്ചാൽ സാധ്യമല്ല പക്ഷെ ഓരോ വ്യക്തിക്കും സാധ്യമാണ് സാധ്യമായി കഴിഞ്ഞാൽ എല്ലാവർക്കും സാധ്യമാണ് Each person is the world. നിങ്ങൾ നിശ്ചയിക്കൂ നിങ്ങൾ ഒരാള് ചെയ്യൂ എല്ലാരും ചെയ്യും ആഹാര പാചകം ചെയ്യുന്നത് എന്നുള്ളത് ദിവ്യമാക്കി തീർക്കാൻ പറ്റുമോ നോക്കൂ വെറുക്കാതെ ചെയ്യൂ പ്രേമത്തോടെ ചെയ്യൂ പൂജയൊക്കെ അവിടെ നിൽക്കട്ടെ ആ അന്നത്തിനെ സഹജീവികൾക്കൊക്കെ കൊടുത്തും കൊണ്ട് അങ്ങനെയാണ് വൈദിക സമ്പ്രദായം ആ ബലി നൽകിക്കൊണ്ട് കാക്കയ്ക്കാവട്ടെ ഉറുമ്പിനാവട്ടെ അണ്ണാനാവട്ടെ പക്ഷികൾക്കാവട്ടെ നായ്ക്കാവട്ടെ പൂച്ചക്കാവട്ടെ എല്ലാവർക്കും അധികാരം ഉണ്ടെന്നാണ് യോനദദാദീ സൂക്കറ കൊടുക്കാതെ തനിയെ ഭക്ഷിക്കുന്നവൻ അവൻ ഒരു നമ്മൾ വെറുതെ ചീത്ത വിളിക്കൂലെ കള്ളപ്പന്നിന്ന് വിളിക്കും ശാസ്ത്രം തന്നെ പറയണ ഓം പന്നിയാണെന്നാണ് സൂക്കരാഹാരം അപ്പോ ഇങ്ങനെ അന്നവിഭജനം എന്ന് പറയുന്നത് സാത്വികമായ ഒരു ചര്യയാക്കി ചേർത്തു ഇനിയിപ്പോ ശങ്കരാചാര്യർ പറഞ്ഞു വായു കൊണ്ട് എടുക്കണത് മാത്രമല്ല അന്നം കണ്ണുകൊണ്ട് എടുക്കണത് ചെവി കൊണ്ടെടുക്കണത് മൂക്ക് കൊണ്ടെടുക്കണത് നാവ് കൊണ്ടെടുക്കുന്നത് ഒക്കെ അന്നമാണ് അതൊക്കെ എത്രകൊണ്ട് ശുദ്ധമാവണോ അത്ര കൊണ്ട് സത്വഗുണം ശുദ്ധമാവും ആഹ് ഇത് ആഹാര ശബ്ദാദിവിഷയവിജ്ഞാനം ഭായ ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം ഇതൊക്കെ തന്നെ എങ്ങനെ ശുദ്ധമാവും എന്ന് വെച്ചാൽ ഏകതത്വജ്ഞാനം കൊണ്ട് ഇത് മുഴുവൻ ആത്മാവാണ് കാണുന്നതൊക്കെ കാണപ്പെടുന്നതൊക്കെ ആത്മാവാണ് കേൾക്കപ്പെടുന്നതൊക്കെ ആത്മാവാണ് ചിന്തിക്കപ്പെടുന്നതൊക്കെ ആത്മാവാണ് ഏകമേവ അദ്വിതീയം ആത്മൈവ ഇതം സർവം എന്ന് അനുസന്ധാനം കൊണ്ട് ഏക തത്വ ദൃഢ അഭ്യാസം കൊണ്ട് സകലതും ആത്മസ്വരൂപമാണ് ഭഗവത് സ്വരൂപമാണ് അന്യമായൊരു വസ്തുവില്ലെന്നുള്ള ദൃഢമായ അനുസന്ധാനം കൊണ്ട് എല്ലാത്തിനും ശുദ്ധമാക്കും അങ്ങനെ ശുദ്ധമാക്കിയാൽ കുറേ കാലത്ത് ഉപാസനയുടെ ഫലമായിട്ട് തപസിന്റെ ഫലമായിട്ട് ഈ സത്വം എന്ന് പറയുന്ന എലമെന്റ് ധാതു ഉള്ളില് ശുദ്ധമാവും ധാതു പ്രസാദാൻ മഹിമാനം ശ്രുതി പറയു ധാതു എന്ന് വെച്ചാൽ ഈശ്വരൻ എന്നർത്ഥം ധാതു എന്ന് വെച്ചാൽ ശരീരത്തിലുള്ള ധാതുക്കൾ എന്നും അർത്ഥം ധാതു പ്രസന്നമാവുമ്പോ ശരീരത്തിലുള്ള ധാതുക്കൾ നിർമ്മലമാവുമ്പോൾ ആദ്യത്തെ ഡോർ തുറന്നു തരും ഏതം അന്നമയമാത്മാനമുപസംക്രമ്യ